എനിക്ക് പടങ്ങളൊക്കെ വളരെ ഇഷ്ടമായി ഞാൻ ഇതെല്ലാം ഒന്ന് നന്നായി കാണട്ടെ മറ്റു സ്ഥലങ്ങളിൽ ചേട്ടൻ ഒറ്റയ്ക്ക് പോവൂ അച്ഛൻ മാത്രം എന്റെ കൂടെ നിൽക്കട്ടെ അച്ഛാ ചേട്ടൻ തന്നെയോ പോവട്ടെ നിന്റെ ഒരു വെല്ലുവിളി എനിക്കൊട്ടും പേടിയില്ല ഞാൻ പോട്ടെ അച്ചാ വേണ്ട ആരും തനിയെ ഒരിടത്തും പോണ്ട അവിടെ നോക്ക് എന്തൊരാൾക്കൂട്ടമാണ് പിന്നെ നിങ്ങൾ രണ്ടുപേരും വേഗം വരണം എന്താണ് ഇത്ര വെപ്രാളം നിൽക്ക് ഞങ്ങളും വരട്ടെ നീയും ഇതൊക്കെ നന്നായി നോക്ക് വലിയ ചിത്രകാരന്മാരുടെ ചിത്രങ്ങളാണ് അച്ഛാ എനിക്ക് ഈ പെയിന്റിങ്സ് ഒന്നും ഇഷ്ടമല്ല ഞാൻ പോട്ടെ നിൽക്ക് വേഗം വാ റാണി ചേട്ടാ അത് അങ്ങോട്ട് നോക്കൂ എന്തൊരു നിരങ്ങളാണ് ബൾബുകൾക്കും ലിബണുകൾക്കും പച്ച മഞ്ഞ നീല വെള്ള ചുവപ്പ് കറുപ്പ് ഒക്കെ ഉണ്ട് ആ ശരിയാ അച്ഛ ആ പരസ്യം ഒന്ന് വായിക്കൂ എന്റെ കയ്യിൽ കണ്ണടയില്ല നീ തന്നെ വായിക്കു കുട്ടികളെ വരുവിൻ നിങ്ങൾക്കൊരു മായാലോകം അൻപത് പൈസക്കൊരു അത്ഭുത ലോകം വരും കാണിൻ സന്തോഷിക്കിൻ ഹായ് എന്തൊരു ഭംഗി നല്ല രസമായിരിക്കും ചേട്ടാ അവരുടെ കൂടാരത്തിൽ ഒരുപാട് മൃഗങ്ങളുണ്ടായിരിക്കും അതാ നോക്കൂ പ്ലാസ്റ്റിക് പെണ്ണും കോമാളി ചെറുക്കനും ഒക്കെ ഉണ്ട് അച്ഛാ ഒന്നര രൂപ തരൂ ഞാൻ ടിക്കറ്റ് എടുക്കട്ടെ ഒരാൾക്ക് വെറും അൻപത് പൈസ നമുക്ക് നല്ല തമാശയായിരിക്കും ിസൺ റിപ്പീറ്റ് മതി മതി ഇവിടെ ഇത്രയും നേരം മതി മതി മതി ഇവിടെ ഇത്രയും നേരം മതി ഈ എക്സിബിഷൻ ഗ്രൗണ്ടിൽ ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട് ഈ എക്സിബിഷൻ ഗ്രൗണ്ടിൽ ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട് റാണി എനിക്ക് ഈ പടങ്ങളൊക്കെ വളരെ ഇഷ്ടമായി എനിക്ക് ഈ വളരെ ഇഷ്ടമായി ഞാൻ ഇതെല്ലാം ഒന്ന് നന്നായി കാണട്ടെ ഞാൻ ഇതെല്ലാം ഒന്ന് നന്നായി കാണട്ടെ മറ്റു സ്ഥലങ്ങളിൽ ചേട്ടന് ഒറ്റയ്ക്ക് പോവൂ മറ്റു സ്ഥലങ്ങളിൽ ചേട്ടന് ഒറ്റയ്ക്ക് പോകൂ അച്ഛൻ മാത്രം എന്റെ കൂടെ നിൽക്കട്ടെ അച്ഛൻ മാത്രം എന്റെ കൂടെ നിൽക്കട്ടെ അച്ഛൻ മാത്രം എന്റെ കൂടെ നിൽക്കട്ടെ അച്ഛാ ചേട്ടൻ തനിയെ പോകട്ടെ അച്ഛ ചേട്ടൻ തനിയെ പോകട്ടെ പോടി പെണ്ണെ നിന്റെ ഒരു വെല്ലുവിളി പോടി പെണ്ണെ നിന്റെ ഒരു വെല്ലുവിളി എനിക്കൊട്ടും പേടിയില്ല എനിക്കൊട്ടും പേടിയില്ല ഞാൻ പോട്ടെ അച്ഛൻ പോട്ടെ അച്ഛ വേണ്ട ആരും തനിയെ ഒരിടത്തും പോണ്ട വേണ്ട ആരും തനിയെ ഒരിടത്തും പോണ്ട അവിടെ നോക്ക് എന്തൊരാൾക്കൂട്ടമാണ് അവിടെ നോക്ക് എന്തൊരാൾക്കൂട്ടമാണ് പിന്നെ നിങ്ങൾ രണ്ടുപേരും വേഗം വരണം പിന്നെ നിങ്ങൾ രണ്ടുപേരും വേഗം വരണം എന്താണ് ഇത്ര വിപ്രാളം നിൽക്ക് ഞങ്ങളും വരട്ടെ എന്താണ് ഇത്ര വെപ്രാളം നിൽക്ക് ഞങ്ങളും വരട്ടെ നീയും ഇതൊക്കെ നന്നായി നോക്ക് നീയും ഇതൊക്കെ നന്നായി നോക്ക് വലിയ ചിത്രകാരന്മാരുടെ ചിത്രങ്ങളാണ് വലിയ ചിത്രകാരന്മാരുടെ ചിത്രങ്ങളാണ് അച്ഛ എനിക്ക് പെയിന്റിങ്സ് ഒന്നും ഇഷ്ടമല്ല അച്ഛാ എനിക്ക് പെയിന്റിങ്സ് ഒന്നും ഇഷ്ടമല്ല ഞാൻ ട്രാൻസ്പോർട്ടുകാരുടെ സ്റ്റാളിൽ പോട്ടെ ഞാൻ ട്രാൻസ്പോർട്ടുകാരുടെ സ്റ്റാളിൽ പോട്ടെ നിൽക്ക് റാണിയും നിൽക്ക് റാണിയും വരട്ടെ വേഗം വാറാണി വേഗം വാറാണി നിന്റെ ഒരു നടത്ത ഒച്ചിനെ പോലെ തന്നെ നിന്റെ ഒരു നടത്ത ഒച്ചിനെ പോലെ തന്നെ ചേട്ടാ അതാവിടെ നോക്കൂ ചേട്ടാ അതാ അവിടെ നോക്കൂ എന്തൊരു നിറങ്ങളാണ് ബൾബുകൾക്കും റിബണുകൾക്കും എന്തൊരു നിറങ്ങളാണ് ബൾബുകൾക്കും റിബണുകൾക്കും പച്ച മഞ്ഞ നീല വെള്ള ചുവപ്പ് കറുപ്പ് ഒക്കെയുണ്ട് പച്ച മഞ്ഞ നീല വെള്ള ചുവപ്പ് കറുപ്പ് ഒക്കെ ഉണ്ട് ആ ശരിയാ അച്ഛ ആ പരസ്യം ഒന്ന് വായിക്കൂ ശരിയാ അച്ഛ ആ പരസ്യം ഒന്ന് വായിക്കൂ എന്റെ കയ്യിൽ കണ്ണടയില്ല നീതെന്നെ വായിക്കു എന്റെ കയ്യിൽ കണ്ണടയില്ല നീ തന്നെ വായിക്ക് കുട്ടികളെ വരുവിൻ കാണുവിൻ സന്തോഷിക്കുവിൻ കുട്ടികളെ വരുവിൻ കാണുവിൻ സന്തോഷിക്കുവിൻ നിങ്ങൾക്കൊരു മായാലോകം നിങ്ങൾക്കൊരു മായാലോകം അൻപത് പൈസക്കൊരു അത്ഭുത ലോകം അൻപത് പൈസയ്ക്കൊരു അത്ഭുത ലോകം വരൻ കാണിൻ സന്തോഷിക്കിൻ വരുൻ കാണിൻ സന്തോഷിക്കിൻ ഹായ് എന്തൊരു ഭംഗി നല്ല രസമായിരിക്കും ഹായ് എന്തൊരു ഭംഗി നല്ല രസമായിരിക്കും ചേട്ടാ അവരുടെ കൂടാരത്തിൽ ഒരുപാട് മൃഗങ്ങൾ ഉണ്ടായിരിക്കും ചേട്ടാ അവരുടെ കൂടാരത്തിൽ ഒരുപാട് മൃഗങ്ങൾ ഉണ്ടായിരിക്കും അതാ നോക്കൂ അതാ നോക്കൂ പ്ലാസ്റ്റിക് പെണ്ണും കോമാളി ചെറുക്കനും ഒക്കെയുണ്ട് പ്ലാസ്റ്റിക് പെണ്ണും കോമാളി ചെറുക്കനും ഒക്കെ ഉണ്ട് അച്ഛാ ഒന്നര രൂപ തരൂ ഞാൻ ടിക്കറ്റ് എടുക്കട്ടെ അച്ഛ ഒന്നര രൂപ തരൂ ഞാൻ ടിക്കറ്റ് എടുക്കട്ടെ ഒരാൾക്ക് വെറും അൻപത് പൈസ ഒരാൾക്ക് വെറും അൻപത് പൈസ നമുക്ക് നല്ല തമാശയായിരിക്കും നമുക്ക് നല്ല തമാശയായിരിക്കും drills repetition drill listen and repeat nyan idakke onnu nannayi kaanatte nyan idakke onnu nannayi kaanatte എന്റെ ചോദ്യത്തിന് മധു ഉത്തരം പറയട്ടെ എന്റെ ചോദ്യത്തിന് മധു ഉത്തരം പറയട്ടെ അവരൊക്കെ സിനിമയ്ക്ക് പോകട്ടെ അവരൊക്കെ സിനിമയ്ക്ക് പോകട്ടെ അച്ഛ ഞാൻ ആ പരസ്യം വായിക്കട്ടോ അച്ഛ ഞാൻ ആ പരസ്യം വായിക്കട്ടോ അവളും ഈ ചിത്രത്തിൽ നോക്കട്ടോ അവളും ഈ ചിത്രത്തിൽ നോക്കട്ടോ ഞാൻ നിങ്ങൾക്കും ടിക്കറ്റ് എടുക്കട്ടോ ഞാൻ നിങ്ങൾക്കും ടിക്കറ്റ് എടുക്കട്ടോ ആരും തനിയെ പോകണ്ട ആരും തനിയെ പോകണ്ട റാണി മാത്രം അവിടെ നിൽക്കണ്ട റാണി മാത്രം അവിടെ നിൽക്കണ്ട മധു അച്ഛന്റെ ചാരു ഇരിക്കണ്ട ചാരസേരയിൽ ഇരിക്കണ്ട കുട്ടികളെ വരുവിൻ കാണുവിൻ സന്തോഷിക്കുവിൻ കുട്ടികളെ വരുവിൻ കാണുവിൻ സന്തോഷിക്കുവിൻ നിങ്ങളൊക്കെ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയുവിൻ നിങ്ങളൊക്കെ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയുവിൻ എല്ലാവരും സംശയം ചോദിക്കുവിൻ എല്ലാവരും സംശയം ചോദിക്കുവിൻ അനിയനും നിന്റെ കൂടെ വരട്ടെ അനിയനും നിന്റെ കൂടെ വരട്ടെ രാധയും കുമാരിയുടെ കൂടെ ഗ്രാമത്തിൽ പോട്ടെ രാധയും കുമാരിയുടെ കൂടെ ഗ്രാമത്തിൽ പോട്ടെ ഞാൻ അച്ഛന്റെ കൂടെ വേഗം നടക്കട്ടെ ഞാൻ അച്ഛന്റെ കൂടെ വേഗം നടക്കട്ടെ അവൾ പോലെ നടക്കട്ടെ അവൾ ഒച്ചിനെ പോലെ നടക്കട്ടെ ചേട്ടൻ കോമാളിയെപ്പോലെ പറയട്ടെ ചേട്ടൻ കോമാളിയെപ്പോലെ പറയട്ടെ അവരെ പോലെ മധുവും സന്തോഷിക്കട്ടെ അവരെ പോലെ മധുവും സന്തോഷിക്കട്ടെ എക്സ്പാൻഷൻ ഡ്രിൽ മോഡൽ മധു കാണട്ടെ നന്നായി മധു നന്നായി കാണട്ടെ വളരെ മധു വളരെ നന്നായി കാണട്ടെ ചിത്രങ്ങളെല്ലാം മധു ചിത്രങ്ങളെല്ലാം വളരെ നന്നായി കാണട്ടെല്ലാം വളരെ നന്നായി കാണട്ടെന്മാരുടെ ചിത്രങ്ങളെല്ലാം വളരെ നന്നായി കാണട്ടെ നൗ ഫോളോ ദോഡൽ അച്ഛാനും ഫോട്ടോ സിനിമയ്ക്ക് അച്ഛാ ഞാനും സിനിമയ്ക്ക് പോട്ടോ ഇംഗ്ലീഷ് അച്ഛാനും ഇംഗ്ലീഷ് സിനിമയ്ക്ക് പോട്ടോ ചേട്ടന്റെ കൂടെ അച്ഛാ ചേട്ടന്റെ കൂടെ ഞാനും ഇംഗ്ലീഷ് സിനിമയ്ക്ക് പോട്ടോ നാളെ അച്ഛാ നാളെ ചേട്ടന്റെ കൂടെ ഞാനും ഇംഗ്ലീഷ് സിനിമയ്ക്ക് പോട്ടോ അവരെപ്പോലെ പറയുവിൻ ഉത്തരം അവരെ പോലെ ഉത്തരം പറയുവിൻ നന്നായി അവരെപ്പോലെ നന്നായി ഉത്തരം പറയുവിൻ നിങ്ങളും അവരെപ്പോലെ നിങ്ങളും നന്നായി ഉത്തരം പറയുവിൻ എന്റെ ചോദ്യത്തിന് അവരെപ്പോലെ എന്റെ ചോദ്യത്തിന് നിങ്ങളും നന്നായി ഉത്തരം പറയുവിൻ എനിക്ക് തരൂ കഥാപുസ്തകം എനിക്ക് കഥാപുസ്തകം തരൂ പുതിയ എനിക്ക് പുതിയ കഥാപുസ്തകം തരൂ എനിക്ക് ഏറ്റവും പുതിയ കഥാപുസ്തകം തരൂ നിന്റെ എനിക്ക് നിന്റെ ഏറ്റവും പുതിയ കഥാപുസ്തകം തരൂ അച്ഛാ കൊടുക്കട്ടോ ഞാൻ അച്ഛാ ഞാൻ കൊടുക്കട്ടോ ചേട്ടനും അച്ഛാ ഞാൻ ചേട്ടന് കൊടുക്കട്ടോ ബൾബും അച്ഛാ ബൾബും ഞാൻ ചേട്ടന് കൊടുക്കട്ടോ റിബണും അച്ഛാ റിബണും ബൾബും ഞാൻ ചേട്ടന് കൊടുക്കട്ടോ ഈ അച്ഛണും ബൾബും ഞാൻ ചേട്ടന് കൊടുക്കട്ടോ സബ്സ്റ്റിറ്റ്യൂഷൻ ഡ്രിൽ ചേച്ചിയെ പോലെ ഞാനും ചായ കുടിക്കട്ടോ അച്ഛനെ പോലെ ഞാനും ചായ കുടിക്കട്ടോ അമ്മയെ പോലെ അമ്മയെപ്പോലെ ഞാനും ചായ കുടിക്കട്ടോ മധുവിനെ പോലെ െ പോലെ ഞാനും ചായ കുടിക്കട്ടോ രാജ്യത്തിനെ പോലെ രാജ്യത്തിനെ പോലെ ഞാനും ചായ കുടിക്കട്ടോ കുമാറിനെ പോലെ കുമാറിനെ പോലെ ചായ കുടിക്കട്ടോ നിങ്ങളുടെ കൂടെ ഞാനും വരട്ടെ നിന്റെ കൂടെ നിന്റെ കൂടെ ഞാനും വരട്ടെ തൻറെ കൂടെ തൻറെ കൂടെ ഞാനും വരട്ടെ ചേച്ചിയുടെ കൂടെ ചേച്ചിയുടെ കൂടെ ഞാനും വരട്ടെ ചേട്ടന്റെ കൂടെ ചേട്ടന്റെ കൂടെ ഞാനും വരട്ടെ രഘുവിന്റെ കൂടെ രഘുവിന്റെ കൂടെ ഞാനും വരട്ടെ കമലത്തിന്റെ കൂടെ കമലത്തിന്റെ കൂടെ ഞാനും വരട്ടെ എനിക്ക് അതിനെ പേടിയില്ല അവനെ എനിക്ക് അവനെ പേടിയില്ല അവളെ എനിക്ക് അവളെ പേടിയില്ല അവരെ എനിക്ക് അവരെ പേടിയില്ല ഡോക്ടറെ എനിക്ക് ഡോക്ടറെ പേടിയില്ല ഒന്നിനും എനിക്ക് ഒന്നിനെയും പേടിയില്ല ആരെയും എനിക്ക് ആരെയും പേടിയില്ല പച്ച റിബൺ വേണം നീല റാണിക്ക് നീല റിബൺ വേണം മഞ്ഞ റാണിക്ക് മഞ്ഞ റിബൺ വേണം വെള്ള വെള്ളറിബൺ വേണം ചുവപ്പ് റാണിക്ക് ചുവപ്പ് റിപൺ വേണം കറുപ്പ് റാണിക്ക് കറുപ്പ് റിപൺ വേണം അമ്മ പ്രഭുവിന് ചായ കൊടുക്കൂ രാമുവിന് അമ്മ രാമുവിന് ചായ കൊടുക്കൂ രാധയ്ക്ക് അമ്മ രാധയ്ക്ക് ചായ കൊടുക്കൂ സതിക്ക് അമ്മ സതിക്ക് ചായ കൊടുക്കൂ അവർക്ക് അമ്മ അവർക്ക് ചായ കൊടുക്കൂ അവന് അമ്മ അവന് ചായ കൊടുക്കൂ സരോജത്തിന് അമ്മ സരോജത്തിന് ചായ കൊടുക്കൂ അവൻ എനിക്ക് പത്ത് രൂപ തരട്ടെ ഞങ്ങൾക്ക് അവൻ ഞങ്ങൾക്ക് പത്ത് രൂപ തരട്ടെ നമ്മൾക്ക് അവൻ നമ്മൾക്ക് പത്ത് രൂപ തരട്ടെ നിങ്ങൾക്ക് അവൻ നിങ്ങൾക്ക് പത്ത് രൂപ തരട്ടെ ട്രാൻസ്ഫർമേഷൻ ഡ്രിൽ മോഡൽ വൺ കുമാർ എന്നെ ഫോണിൽ വിളിക്കട്ടെ കുമാർ എന്നെ ഫോണിൽ വിളിക്കണ്ട നൗ ഫോളോ ദോഡൽ അദ്ദേഹത്തിനെ അവർ ശല്യപ്പെടുത്തട്ടെ അദ്ദേഹത്തിനെ അവർ ശല്യപ്പെടുത്തണ്ട അവർ കൂടുതൽ സമയം എടുക്കട്ടെ അവർ കൂടുതൽ സമയം എടുക്കണ്ട വേണു ഓട്ടോറിക്ഷയിൽ വരട്ടെ വേണു ഓട്ടോറിക്ഷയിൽ വരണ്ട അമ്മ ബസിൽ പോകട്ടെ അമ്മ ബസിൽ പോകണ്ട മാധവൻ ആ രഹസ്യം പറയട്ടെ മാധവൻ ആ രഹസ്യം പറയണ്ട സർ, ആ ചോദ്യം ചോദിക്കട്ടെ സർ, ആ ചോദ്യം ചോദിക്കണ്ട ശാന്ത റാണിക്ക് ആ റിബൺ കൊടുക്കട്ടെ ശാന്ത റാണിക്ക് ആ റിബൺ കൊടുക്കണ്ട നമ്മുടെ കൂടെ അവരും വരട്ടെ നമ്മുടെ കൂടെ അവരും വരണ്ട അവർ രൂപ നമുക്ക് അവർ രൂപ തരണ്ട മോനും ചായ കുടിക്കട്ടെ മോനും ചായ കുടിക്കണ്ട മോഡൽ ടു നീ എനിക്ക് പുസ്തകം ത നീ എനിക്ക് പുസ്തകം തരണ്ട നീ എനിക്ക് പുസ്തകം തരരുത് നൗ ഫോളോ ദോഡൽ നിങ്ങൾ അവൾക്ക് രൂപ കൊടുക്കൂ നിങ്ങൾ അവൾക്ക് രൂപ കൊടുക്കണ്ട നിങ്ങൾ അവൾക്ക് രൂപ കൊടുക്കരുത് വേഗം വേഗം നടക്കൂ വേഗം വേഗം നടക്കണ്ട വേഗം വേഗം നടക്കരുത് ൾ നന്നായി നോക്ക് ഈ പടങ്ങൾ നന്നായി നോക്കണ്ട ഈ പടങ്ങൾ നന്നായി നോക്കരുത് എല്ലാവരും സന്തോഷിക്കാൻ എല്ലാവരും സന്തോഷിക്കണ്ട എല്ലാവരും സന്തോഷിക്കരുത് അദ്ദേഹത്തിനെ നിർബന്ധിക്കൂ അദ്ദേഹത്തിനെ നിർബന്ധിക്കണ്ട അദ്ദേഹത്തിനെ നിർബന്ധിക്കരുത് ഡ്രിൽഡൽ വൺ അച്ഛൻ പറയട്ടെ വേണ്ട നീ പറയണ്ട റാണി പറയട്ടെ നൗ പഴത മോഡൽ അമ്മേ ഞാൻ അച്ഛനെ വിളിക്കട്ടെ വേണ്ട നീ വിളിക്കണ്ട അച്ഛ ഞാൻ സിനിമയ്ക്ക് പോകട്ടെ വേണ്ട നീ പോവണ്ട അല്ലെ ഞാൻ കഥ വായിക്കട്ടെ വേണ്ട നീ